ധ്യായം മുപ്പത്തിരണ്ട് അങ്ങനെ ഇയ്യോബ് തനിക്കു തന്നെ നീതിമാനായി തോന്നിയതുകൊണ്ട് ഈ മൂന്ന് പുരുഷന്മാർ അവനോട് വാദിക്കുന്നത് മതിയാക്കി അപ്പോൾ രാംവംശത്തിൽ ബൂസനായ ബറഖേലിന്റെ മകൻ എലിഹൂവിന്റെ കോപം ജ്വലിച്ചു ദൈവത്തെക്കാൾ തന്നെത്താൻ നീതികരിച്ചതുകൊണ്ട് ഇയോബിന്റെ നേരെ അവന്റെ കോപം ജ്വലിച്ചു അവന്റെ മൂന്ന് സ്നേഹിതന്മാർ ഈയോബിന്റെ കുറ്റം തെളിയിപ്പാൻ തക്ക ഉത്തരം കാണായിക കൊണ്ട് അവരുടെ നേരെയും അവന്റെ കോപം ജ്വലിച്ചു എന്നാൽ അവർ തന്നെക്കാൾ പ്രായമുള്ളവരാകൊണ്ട് എലിഹു ഈയോബിനോട് സംസാരിപ്പാൻ താമസിച്ചു ആ പുരുഷന്മാർക്കും ഉത്തരം മുട്ടിപ്പോയി എന്ന് കണ്ടിട്ട് എലിഹുവിന്റെ കോപം ജ്വലിച്ചു അങ്ങനെ ബൂസിനായ റഖേലിന്റെ മകൻ എലിഹൂ പറഞ്ഞതെന്തെന്നാൽ ഞാൻ പ്രായം കുറഞ്ഞവനും നിങ്ങൾ വൃദ്ധന്മാരും ആകുന്നു അതുകൊണ്ട് ഞാൻ ശങ്കിച്ചു അഭിപ്രായം പറവാൻ തുനിഞ്ഞില്ല പ്രായം സംസാരിക്കുകയും വയോധിക്യം ജ്ഞാനമുപദേശിക്കുകയും ചെയ്യട്ടെ എന്നിങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാൽ മനുഷ്യരിൽ ആത്മാവുണ്ടല്ലോ സർവശക്തന്റെ ശ്വാസം അവർക്ക് വിവേകം നൽകുന്നു പ്രായം ചെന്നവരത്രേ നാനികൾ എന്നില്ല വൃദ്ധന്മാരത്രെ ന്യായബോധമുള്ളവർ എന്നുമില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്റെ വാക്ക് കേട്ടുകൊൾവിൻ ഞാനും എന്റെ അഭിപ്രായം പ്രസ്താവിക്കാം ഞാൻ നിങ്ങളുടെ വാക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു നിങ്ങൾ തക്കമൊഴികൾ ആരാഞ്ഞ് കണ്ടെത്തുമോ എന്ന് നിങ്ങളുടെ ഉപദേശങ്ങൾക്ക് ഞാൻ ചെവി കൊടുത്തു നിങ്ങൾ പറഞ്ഞതിന് ഞാൻ ശ്രദ്ധ കൊടുത്തു ഈയോബിന് ബോധം വരുത്തുവാനോ അവന്റെ മൊഴികൾക്ക് ഉത്തരം പറവാനോ നിങ്ങളിൽ ആരുമില്ല ഞങ്ങൾ ജ്ഞാനം കണ്ടുപിടിച്ചിരിക്കുന്നു മനുഷ്യനല്ല ദൈവമത്രേ അവന് ജയിക്കുമെന്ന് നിങ്ങൾ പറയരുത് എന്റെ നേരെയല്ലോ അവൻ തൻറെ മൊഴികളെ പ്രയോഗിച്ചത് നിങ്ങളുടെ വചനങ്ങൾ കൊണ്ട് ഞാൻ അവനോട് ഉത്തരം പറയുകയുമില്ല അവർ പരിഭ്രമിച്ചിരിക്കുന്നു ഉത്തരം പറയുന്നില്ല അവർക്ക് വാക്ക് മുട്ടിപ്പോയി അവർ ഉത്തരം പറയാതെ വെറുതെ നിൽക്കുന്നു അവർ സംസാരിക്കയാകിയാൽ ഞാൻ കാത്തിരിക്കണമോ എനിക്ക് പറവാനുള്ളത് ഞാനും പറയും എന്റെ അഭിപ്രായം ഞാൻ പ്രസ്താവിക്കും ഞാൻ മൊഴികൾ കൊണ്ട് തിങ്ങിയിരിക്കുന്നു എന്റെ ഉള്ളിലെ ആത്മാവ് എന്നെ നിർബന്ധിക്കുന്നു എന്റെ ഉള്ളം അടച്ചു വെച്ച വീഞ്ഞുപോലെ ഇരിക്കുന്നു അത് പുതിയ തുരുത്തികൾ പോലെ പൊട്ടുമാറായിരിക്കുന്നു എന്റെ വിമ്മിഷ്ടം തീരേണ്ടതിന് ഞാൻ സംസാരിക്കും എന്റെ അധരം തുറന്ന് ഉത്തരം പറയും ഞാൻ ഒരുത്തന്റെയും പക്ഷം പിടിക്കയില്ല ആരോടും മുഖസ്തുതി പറയുകയുമില്ല മുഖസ്തുതി പറവാൻ എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ ചെയ്താൽ എന്റെ സൃഷ്ടാവ് ക്ഷണത്തിൽ എന്നെ നീക്കിക്കളയും